ജഗ്രമോയം ദൃശ്യോതി നൂയേത പണോ വ്യോംന ഇവ അഖേദ വിചാരേണ അമുന അനഖ അനക സംബോധനയാണ് ഐ എം ജഗത്ഭ്ര ജഗത്ഭ്രമം ജഗത്ത് എന്ന് പറയുന്ന ഒരു ഭ്രഹ്മാനുഭവമാണ് അത് ദൃശ്യോപി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും വിഷയമായിരിക്കുന്നുണ്ടെങ്കിലും വ്യോമന വർണ്ണ ഇവ ആകാശനീലിമ പോലെ അമുനാ വിചാരേണ ഈ ശാസ്ത്ര വിചാരം കൊണ്ട് വാസിഷ്ഠ വിചാരം കൊണ്ട് അഖേതാ നാസ്ത്യേവേത്തി അഖേതാത് അനുഭൂയത്തെ നാസ്ത്യേവ ഇല്ല ഈ ഭ്രമം ഇല്ലാത്തതാണോ എന്ന് ഖേദം എന്ന് വെച്ചാൽ ദുഃഖം ഇവിടെ പ്രയാസം കഷ്ടപ്പാട് ക്ലേശം ആ എന്ന് വെച്ചാൽ അനായാസമായി അനുഭവിയതേ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രയോജനം പറയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ വിചാരം കൊണ്ടൊരാൾക്ക് വളരെ അനായാസമായി അനുഭവപ്പെടുന്നു ജഗത് ഭ്രമം അത് അനുഭവ വിഷയമാണെങ്കിൽ കൂടിയും ഇല്ല എന്നനുഭവപ്പെടുന്നത് അത് ഏതുപോലെ ആകാശനീതിമ പോലെയാണ് ആകാശനീതിമ അവിടെ ഭ്രമത്തെ മനസ്സിലാക്കേണ്ടത് പറഞ്ഞു എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഈ ദൃഷ്ടാന്തത്തിൽ നിന്ന് ൂപമായ ആകാശത്തിന് ആകാശത്തിന് കഴിഞ്ഞവണ്ണം ഞാൻ വിശദമായി പറഞ്ഞതാണ് ഞാൻ പഴയകാലത്ത് ആകാശത്തെ പൊതുവെ എല്ലാവരും നിരൂപം രൂപരഹിതം നിറമില്ലാത്തത് എന്നാണ് ധരിച്ചിരുന്നത് അങ്ങനെ ധരിക്കാൻ കാരണം ആകാശം എന്ന് പറഞ്ഞൊരു പഞ്ചഭൂതങ്ങളിൽപ്പെട്ട ഒരു ഭൂതമാണ് ഒരു ദ്രവ്യമാണ് അല്ലെങ്കിൽ ഒരു വസ്തുവാണ് ഒരു പദാർത്ഥമാണ് ധരിച്ചിരുന്നത് അങ്ങനെയാണ് പഴയകാലത്ത് എങ്ങനെയാണോ പൃഥിവി അതുപോലെ തന്നെയാണ് ആകാശം പൃഥിവിക്ക് രൂപമുണ്ട് ആകാശത്തിൻ്റെ രൂപമില്ല ഇങ്ങനെയൊക്കെയായിരുന്നു പഴയ ധാരണ അങ്ങനെ രൂപമില്ലാത്തതാണെന്നുള്ള ഒരു സിദ്ധാന്തം അറിഞ്ഞിരിക്കുന്നവരാണ് ആകാശത്ത് നോക്കുക നീലം നിറങ്ങാറുണ്ട് അപ്പൊ അത് ആകാശത്തിൻ്റെ നീലം എന്ന് പറയുന്നു ഭ്രഹ്മമാണെന്ന് ധരിച്ചു പഴയ അറിവിച്ചാണ് ഈ ആകാശത്ത് കാണുന്ന നീല എന്ന് പറയുന്ന ഭ്രമമല്ല ശരിയോടെ രൂപമുള്ളത് നമ്മൾ കാണുന്നതാണ് പിന്നെ അതിനെ ഇന്ന് ഭ്രമം എന്ന് പറയാം എങ്ങനെയാണ് ആ കാരണം ആകാശത്തിൻ്റെതാണ് എന്ന് കരുതുന്നിടത്ത് ഭ്രമമാണ് അത് ആകാശത്തിൻ്റെതല്ല കാരണം ആകാശം എന്ന് പറയുന്നത് എന്താണെന്ന് അതിന് എന്തറിയാവുന്ന ഒരു സ്പേസാണ് ഒരു പ്രത്യേകിച്ച് ഒരു വസ്തു ഒന്നുമല്ല അവകാശം എന്ന് പറഞ്ഞാലും അതൊരു പദാർത്ഥമായിട്ടാണ് കണക്കാക്കിയത് ഒരു വസ്തുവായിട്ട് അങ്ങനെയാണ് കണക്കാക്കിയത് അത് ഇടം കൊടുക്കുന്നത് തന്നെയാണ് അതിൻ്റെ സ്വഭാവത്തെ കുറിച്ച് വരും അത് ഇടം കൊടുക്കുന്നതാണ് എല്ലാവരും പക്ഷെ അങ്ങനെ രൂപരഹിതമായ ഒരു ഭൂതം പഞ്ചഭൂതങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കി അങ്ങനെയാണ് പഴയകാലം ധരിച്ചത് പിന്നെ ആകാശം എന്ന് പറയുന്നത് അങ്ങനെ ഈ എലിമെൻസുകളിൽ പെട്ട ഒന്നല്ല സ്പേസ് അത്രയാണ് അങ്ങനെ മറ്റ് പശുക്കളെ പോലെ പദാർത്ഥമായിട്ടുള്ള അങ്ങനെ സ്വീകരിച്ചിരുന്നു പിന്നെ പിന്നെ ഈ ആകാശം പദാർത്ഥമാണെന്നും കുറേ ശാസ്ത്രജ്ഞന്മാരും ധരിച്ചിരുന്നു അതും ഒരു പദാർത്ഥമാണെന്നും ഭൗതിക ശാസ്ത്രജ്ഞ അതും തള്ളിക്കളി അങ്ങനെ ഒരു ഭൗതിക പദാർത്ഥം അല്ല എന്നാണ് ഇന്ന് നമുക്ക് ഇടയ്ക്ക് അതുകൊണ്ട് ഒരു നിറം ആകാശമേ അങ്ങനെ ഒരു വസ്തുവുണ്ട് പിന്നെ ആകാശത്തിന് ഒരു വസ്തു കൊണ്ടെന്ന് ഒരു നിറം ഉണ്ടെന്ന് കരുതുന്നു ഭ്രഹം തന്നെയാണ് വരും മരിച്ചത് അപ്പോ അതാണ് ശാസ്ത്രത്തിൻ്റെ പ്രയോജനം വിചാരം കൊണ്ടത് ഇല്ല എന്ന് അനുഭവിക്കാവുന്ന ദൃശ്യം നാസ്തി ബോധേന മനസ്സോ ദൃശ്യമാർജനം സമ്പന്നഞ്ച് തതുൽപ്പന്ന പരാ നിർവാണ നിർബൻ ദൃശ്യം നാസ്തി ഈ കാണുന്ന ഒന്നുമില്ല ദൃശ്യം എന്ന് വെച്ചാൽ നമ്മുടെ അനുഭവത്ത് വിഷയമായിരിക്കുന്ന ഒന്നും ഇല്ല എന്നുള്ള ബോധമാണ് ഈ ബോധം കൊണ്ട് മനസ്സഹ ദൃശ്യം മാർജനം മനസ്സിൽ നിന്ന് ദൃശ്യത്തെ തുടച്ച് നിൽക്കുക എന്നുള്ള മനസ്സിൽ നിന്ന് ദൃശ്യത്തെ മാർജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അടിച്ചുവാരിക്കളായി മനസ്സ് ഉണ്ടായിരിക്കുക ദൃശ്യം ഇല്ലാതിരിക്കുക മനസ്സിൽ നിന്ന് അതിനെ മാറ്റുക എന്നുള്ള സമ്പന്നം ചെയ്യരുത് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ദൃശ്യം മാർജനം ഏത് മനസ്സിൽ നിന്നും ഈ ദൃശ്യത്തെ മുഴുവൻ തുടച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ ദൃശ്യം അനുഭവപ്പെടാതിരിക്കുകയാണ് അത് സമ്പന്നമായി കഴിഞ്ഞാൽ ഉത്പന്ന പരാനിർവാണ നിർവൃതി അപ്പോഴാണ് എന്താണ് പരാനിർവാണ നിർവൃത്തി ഉത്പന്നമായി എന്ന് പറയാം സംഭവിച്ചു എന്ന് പറയാം ഇതാണ് ഇവിടെയൊക്കെയാണ് ഈ വാശിഷ്ടത്തിൻ്റെ പോക്ക് ഇങ്ങനെയാണ് ആത്യന്തികമായി ഇവിടെ ചെന്നെത്തിച്ച് എന്താണ് ഒരു പരാനിർവാണ നിർവൃതി പരാ നിർവ്വാണ നിർവൃതി എന്നൊക്കെ പറഞ്ഞാൽ മുക്തി തന്നെ ഒരുപാട് വാക്കുകൾ കൊണ്ട് അതിനെ വിശേഷിപ്പിക്കുന്നു എന്നു അത് എപ്പോ സംഭവിക്കുന്നു ഈ ദൃശ്യമെല്ലാം ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഇത് ഒരു തരത്തിൽ അംഗീകരിക്കാം എങ്ങനെ ഭാഷ്യമായിട്ട് ഒത്തുപോകും എന്ന് പറഞ്ഞാൽ പോരാ മരണം അത് കറക്റ്റ് മരണത്തോടുകൂടി എന്താണ് ആ അത് ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങൾ മരണത്തോടുകൂടി പറയുകയാണ് എന്താണ് പരാനിർവ്വാണ നിർവൃതിയിൽ ദൃശ്യമാർജനം സംഭവിക്കുന്നു ദൃശ്യമില്ലാതായിട്ടിരുന്നു മരണത്തിൽ അത് പറയാം ശുകാരനും പറയുന്നുണ്ട് ബ്രഹ്മസൂത്രത്തിനും പറയുന്നുണ്ട് എന്താണ് മരണത്തോടുകൂടി ഇതെല്ലാം അവസാനിക്കും ഈ അനുഭവങ്ങളെല്ലാം അവസാനിക്കും എന്നും പറയുന്നുണ്ട് പിന്നെ പുനർജന്മമില്ല അതുകൊണ്ടാണ് മുക്തിയുടെ പ്രയോജനമായി പറയുന്നതാണ് പിന്നീട് ഒരു ജന്മമില്ല ജന്മങ്ങളിൽ പിന്നെ ഇങ്ങനെ അനുഭവമില്ല പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് മനസ്സിൽ നിന്ന് ഇതിനെ മാറ്റുക എന്ന് പറയുമ്പോൾ മനസ്സിനെ വീണ്ടും അംഗീകരിക്കുന്നു മനസ്സിൽ നിന്ന് മാറ്റിക്കളയ മറ്റേതെന്താ പറയുന്നത് ആത്മാവ് ഇതില്ല എന്നുള്ളതാണ് ആത്മാവിൽ ഇങ്ങനെ ഒരു അനുഭവമില്ല ആ ദൃശ്യം എന്ന് പറയുന്നതിന് മനസ്സ് ഉൾപ്പെടും മനസ്സിൽ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ഇല്ലാതാകുക എന്നുള്ള ഒരർത്ഥമാണ് എടുക്കുകയാണെങ്കിൽ ഭാഷ്യമായിട്ട് ഒത്തുപോകും അല്ല ഇനി മനസ്സ് നിൽക്കുകയാണെങ്കിൽ അതിനെ സമ്പ്രജ്ഞാത സമാധി കഴിഞ്ഞു വരുന്ന അസമ്പ്രജ്ഞാത സമാധിയിലെ ഏതെങ്കിലും കാരണം അവിടെ ആത്യന്തികമായി സംഭവിക്കുന്നതാണ് മനോവിലയം അത് അവസാനം സംഭവിക്കുന്നതാണ് അതിന് മുമ്പ് സംസ്കാരങ്ങൾ വിലയം പ്രാപിക്കും മനസ്സ് അപ്പോ സംസ്കാരങ്ങൾ വിലയം പ്രാപിച്ച് മനസ്സ് നിലനിൽക്കുന്ന ഒരവസ്ഥയും പറയുന്നു അപ്പൊ മനസ്സുള്ള ദൃശ്യങ്ങളില്ല എന്ന് പറയുന്നത് അസമ്പ്രജ്ഞാത സമാധിയിലാണ് അങ്ങനെ പറയാം ഇത് ഭാഷ്യസമ്മതമായ കാര്യം അപ്പോൾ ഈ പരാനിർവ്വാണ നിർവൃത്തി എന്ന് പറയുന്നത് ഈ പറയുന്ന ഒന്നും ഞാൻ വാസിഷ്ടം ഇവിടെ ചർച്ച ചെയ്യാവുന്ന ഉദ്ദേശിച്ചു തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനാണ് ഭാഷ്യം കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് അദ്വൈതം എന്നുള്ള കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അല്ല ഇതി പറയുന്ന എല്ലാം കൂടെ ചേർത്ത് അതും കൂടെ ചേർത്ത് നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ തിരിച്ചു ബോധം എന്ന് പറയുന്നത് അതിന് തൊട്ടുമ്പരത്തേനും പറഞ്ഞല്ലോ എന്താണ് അമുന വിചാരേണ അത് എല്ലാവരും അടിസ്ഥാനപരമായി സ്വീകരിക്കുന്നതാണ് കാരണം അതിവിടെ സ്വീകരിക്കുന്നതാണ് ബോധം കൂടാതെ മുക്തിയിൽ ജ്ഞാനാത് മുക്തി അത് സ്വീകരിച്ചേ പറ്റും പക്ഷേ ജ്ഞാനത്തിൽ നിന്ന് മുക്തിയിൽ എത്തിച്ചേരുന്നത് എങ്ങനെ എന്നുള്ളതാണ് ബോധത്തെ അടിസ്ഥാനമായി സ്വീകരിച്ചേ പറ്റും ഈ ജ്ഞാനവും മുക്തിയും തമ്മിൽ അവിടെ യാതൊരു തരത്തിലുള്ള അകൽച്ച ഇല്ലെന്നുള്ളതാണ് ഭാഷകാരന്റെ സിദ്ധാന്തം ഇവിടെ എങ്ങനെയല്ല ഭാഷകാരൻ പറയുന്ന എന്താണ് ബ്രഹ്മൈവ ബ്രഹ്മൈവ മുക്തിയാവസ്ഥ ബ്രഹ്മം തന്നെയാണ് മുക്തിവസ്ഥ എന്ന് പറയുന്നത് അല്ലാതെ ഒരു മുക്തിവസ്ഥയില്ലാതെ നിത്യസിദ്ധവുമാണ് പിന്നെ ജ്ഞാനം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അജ്ഞാന നാശം അത് രണ്ടു തരത്തിൽ പറയും അശ്ലേഷ വിനാശം ബ്രഹ്മസൂത്രത്തിൽ പറയും അശ്ലേഷ വിനാശം എന്ന് പറയുന്നത് ഒരാൾക്ക് തത്വം മസി തുടങ്ങിയ വാക്യങ്ങളിൽ നിന്ന് ചൈതന്യമാണെന്നുള്ള ബോധമുണ്ടായി അത് എന്താണ് ഭക്ഷ്യതാരം പറയുന്നത് കുറച്ചുകൂടി ഒരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയതാണ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മ എന്ന് പറയുന്ന ഒരു നിരുപാധികമായ തത്വത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ബാക്കി പറയുന്നതൊക്കെ വളരെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയതാണ് ഭാഷകാരം പറയും പക്ഷേ അതിനുവേണ്ടി നമ്മൾ ഒന്ന് അംഗീകരിക്കേണ്ട ഒരു എന്താണ് ബ്രഹ്മ എന്ന് പറയുന്ന ഒരു നിരുപാധിക തത്വം എൻ്റെ പിന്നിലുണ്ട് അത് അംഗീകരിക്കും അത് ഭാഷ്യാരനത് അംഗീകരിക്കുന്നതിന് പ്രയാസമില്ല എന്തുകൊണ്ട് ഔപനിഷത്തമാണ് ആ തത്വം വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാണ് പിന്നെ അംഗീകരിക്കുന്നതിന് വേറെ അതിൻ്റെ പ്രമാണമൊന്നുമില്ല നിങ്ങളുടെ യുക്തിയോ ബുദ്ധി സാമർത്ഥ്യമോ ഒന്നും കൊണ്ട് അത് ശ്രദ്ധിക്കില്ല വേദം പറഞ്ഞിരിക്കുന്നു പക്ഷേ ഭാഷക്കാരെ എങ്ങനെയാണ് സ്വന്തം ബുദ്ധി കൊണ്ട് തന്നെ സ്വന്തം തരച്ചവർ കൊണ്ട് തന്നെ അത് അതിനുവേണ്ടിയിട്ടല്ല ഇത്രയും എഴുതി തള്ളിയത് ഭാഷ അത് നമ്മൾ മനസ്സിലായതിനു ശേഷം പിന്നെ വേറെ ഒരിടത്ത് പോയി മൊഡിയാകരുത് അതിനു വേണ്ടിയിട്ടാണ് ഇത് ഞാൻ വിശദീകരിക്കുന്നത് അദ്വൈതത്തെ സംബന്ധിച്ച് അധികം കൂടുതൽ എഴുതിയിൽ നിന്നൊന്നും സംബന്ധിച്ച് എന്താണ് മനുഷ്യന് ഒരുപാട് വിപരീത പ്രത്യം ഉണ്ടാവും വിപരീത ബുദ്ധി മാറ്റേണ്ട ആവശ്യമാണ് അതിനു വേണ്ടിയിട്ടാണ് അതിനെ കളഞ്ഞിട്ട് ഇതിൻ്റെ പുറകെ പോകുന്നവരുണ്ട് അവർക്ക് പറ്റുന്ന അബദ്ധം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അത് കളഞ്ഞിട്ട് ഇതിൻ്റെ പുറകെ പോകാൻ പാടില്ല അത് അബദ്ധമാണ് അവിടെയാണ് കുഴപ്പം ഇനി ചിലർ അതിന് ഇതിനെയും കൂടെ കൂട്ടിക്കെട്ടാൻ അതും അബദ്ധമാണ് അപ്പോ അവിടെ എന്താ പറയുന്നത് ഞാൻ എന്താ പറഞ്ഞത് നേരത്തെ ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ എന്നറിയാനാണ് ഞാൻ ചോദിക്കും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല എന്താ പറഞ്ഞു ഭാഷയത്തിലുള്ള കാര്യം ഞാൻ എന്താ പറഞ്ഞു എന്താ പറഞ്ഞ ഭാഷ്യത്തിലുള്ള കാര്യം അശ്ലേഷ വിനാശം ഈ രണ്ട് കാര്യങ്ങളാണ് ഭാഷ്യകാരം പറയുന്നത് അത് പ്രത്യേകം പറയുന്നത് എന്താണ് ഒരാൾക്ക് ഇങ്ങനെ ബോധം ഉണ്ടായതിന് ശേഷവും അത്യാവശ്യം ജീവിച്ചു പോകേണ്ടതായ രാഗാതി ദോഷങ്ങളും വിപരീത പ്രത്യവും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് രാഗാതിദോഷങ്ങളും എന്ന് പറയും പ്രത്യേകം എടുത്തു പറയുന്നത് രാഗാദിദോഷം വിപരീത പ്രത്യഞ്ച് ആക്ഷിപത്യേവ അതെന്തിനാണ് ഈ രാഗാതി ദോഷം എന്ന് പറയാൻ എന്താ കാരണം എന്തിനാണ് ഈ രാഗാതി ദോഷം എന്നുള്ളത് നമ്മൾ സാറിന് ധരിച്ചിരിക്കുന്നുണ്ട് ബ്രഹ്മജ്ഞാനി എന്ന് വെച്ചാൽ പരമ വിശുദ്ധൻ പരിശുദ്ധനാണ് ഒരു ദോഷമില്ലെന്നൊക്കെയുണ്ട് നമ്മുടെ മൂഢത കൊണ്ട് ധരിക്കുന്നതാണ് ആ തത്വജ്ഞാനം ഉണ്ടായാലും രാഗാതി ദോഷം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വാസന ഒരിക്കലും അങ്ങോട്ട് പോകരുത് വാസന എന്നുള്ള വാക്ക് തന്നെ മറന്നു കളയണം കേട്ടോ അതുകൊണ്ട് ദുർവാസനകളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് അതങ്ങ് വിട്ടുകളയും ആധ്യാത്മിക ജീവിതത്തിൽ നിന്നെ വാസനയെ കളയും ആ പദം തന്നെ വീഴ്ച അതായത് രാഗാതി ദോഷം പറഞ്ഞ ശരീരം നിലനിൽക്കണമെങ്കിൽ രാഗമില്ലാതെ പറ്റത്തില്ല നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ വെള്ളം കുടിക്കണ്ടേ ഇരുന്ന് ഇരിക്കണ്ടേ എഴുന്നേക്കണ്ടേ കിടക്കണ്ടേ നടക്കണ്ടേ നടപ്പിലും ഉടുപ്പിലും കിടപ്പിലും എല്ലാം തന്നെയും പിന്നിൽ നിൽക്കുന്ന എന്താണ് രാഗമാണ് അതിനെ രാഗമെന്ന് പറയുന്നത് സംഗീതത്തിലെ രാഗമല്ല അല്ലെങ്കിൽ എന്താണ് മനുഷ്യനെ ദുഷ്പ്രവൃത്തികളിലേക്ക് പ്രേരിപ്പിക്കുന്ന രാഗമല്ല അതിനല്ല പറയും അപേക്ഷിതമായ രാഗാദികളെന്നാണ് പറയുന്നത് ഈ ശരീരം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുള്ള രാഗം ഉണ്ടായാലേ പോകുന്നു അല്ലെങ്കിൽ പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല പിന്നെ സ്വാമി പറയുക എന്താണോ എനിക്ക് രാഗമൊന്നുമില്ല എന്നാലും ഞാൻ ഇങ്ങനെ കഴിക്കെന്നാ കുറച്ച് ചാണകം കൊടുത്ത് സ്വാമിക്ക് വിളമ്പി കൊടുക്കും രാഗമുണ്ടോ ഇല്ല കഴിക്കോ അപ്പൊ രാഗത്തോടുകൂടി തന്നെ കഴിക്കും അപ്പൊ രാഗമുണ്ട് മുന്ന അവിടെയും എന്തുണ്ട് നന്മയെ തിന്മയെ തെറ്റിന് ശരിയെ ധർമ്മത്തെ അധർമ്മയൊക്കെ തിരിച്ചറിയുന്നിടത്ത് വേണ്ട രാഗമുണ്ട് അപ്പൊ ആ രാഗാതിദോഷവും പിന്നെ വിപരീത പ്രത്യം അതുകൊണ്ടെന്നാ പറയുന്നത് ഭ്രാന്തി അങ്ങനെ വിപരീത പ്രത്യം വരുന്നത് ഇതൊക്കെ ചർച്ച ചെയ്ത് മറന്നുപോയാ ദേഹാത്മബുദ്ധിയുണ്ട് അല്ലേ ദേഹത്തോട് ഉള്ള താതാത്മ്യം എന്ന് വെച്ചാൽ അഹംബുദ്ധി അതാണ് വിപരീത ബുദ്ധി അതുകൊണ്ട് കാരണം അങ്ങനെ ഒരു അഹംബുദ്ധി ഉണ്ടെങ്കിലേ എന്ത് സംഭവിക്കൂ ജീവിതം നടക്കത്തുള്ളൂ ജീവിതം എന്ന് പറയാൻ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഹംബുദ്ധി വേണം അത് ഈ അഹംബുദ്ധി കളയണമെന്നൊക്കെ പറയും അതെന്താണ് അഹങ്കാരം അത് വേറെയാണ് ധനമാനാദികളിലൊക്കെയുള്ള അഭിമാനത്തേക്ക് കളയണമെന്ന് പറയും സഹജമായിരിക്കുന്ന അഹംബുദ്ധി എന്ന് പറയുന്ന വിപരീത പ്രത്യേകം തത്വജ്ഞാനം ഉണ്ടെങ്കിലും ഉണ്ടായാലേ ശരീരം ധാരണം എന്താണ് അതിനുവേണ്ടിയിട്ടാണ് ഭാഷകാരം ഉറപ്പിച്ചു പറയുന്നത് എന്താണോ വിശേഷാത്മപ്രത്യം ശരീര ധാരണം ച ഇത് രണ്ടും നിഷേധിക്കാൻ മറ്റുള്ളവർക്ക് കഴിയത്തില്ല തപ്പുഞാനുണ്ടായതിനു ശേഷവും ഒരാൾ എന്താണ് ശരീരധാരണ ഉണ്ട് ശരീരങ്ങൾ ധരിക്കുന്നു അതിന് ശരീരമുണ്ട് ഭാഗം പ്രത്യമില്ലാതെ ശരീരം നിലനിൽക്കത്തില്ല അതിന് വേണ്ട അത് വേണം അതൊക്കെ അസത്യം എന്നറിയാം അത് മറ്റൊരു കാര്യം അസത്യമാണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം എന്ത് ചെയ്യുന്നു ഉണ്ട് എന്നുള്ളതാണ് ഭാഷകാരന്റെ ശ്രദ്ധ അപ്പോ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ എന്താ സംഭവിക്കുന്നത് അതിനാണ് അശ്ലേഷം എന്ന് പറയുന്നത് ഇതിൽ ഒന്നിനോ ഇത് ബന്ധമില്ല തന്നിൽ ഇതൊന്നുമില്ല കാരണം താനെന്താണ് നിത്യശുദ്ധ മുക്തനായ ആത്മസ്വരൂപമാണ് ആഗാമിയായ തൻ്റെ ഇങ്ങനെ ഒരു ബോധം ഉണ്ടായതിനു ശേഷം വരുന്നതാണ് കർമ്മങ്ങളായാലും ശരി ചിന്തകളായാലും ശരി വിപരീത ബോധമായാലും ശരി രാഗാതി ദോഷങ്ങളായാലും ശരി അതിനോടെല്ലാമുള്ള അശ്ലേഷം ഒന്നാണ് വിനാശമെന്ന് വരുന്ന എന്തിൻ്റെ അതുവരെ ഉണ്ടായിരുന്നെല്ലാം സഞ്ചിതമായി എന്ന് നമ്മൾ പറയുന്നതെല്ലാം എല്ലാത്തിൻ്റെ വിനായ സംഭവിച്ചു കഴിഞ്ഞു പക്ഷേ തത്വജ്ഞാനത്തിന് ശേഷം എന്തോ അതിനോട് അശ്ലേഷവും അപ്പൊ വിനാശവും അശ്ലേഷവും ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് അശ്ലേഷത്തിന് നമുക്ക് അസംഗത എന്ന് പറയാം ഇതാണ് ഭാഷകാരൻ പറയുന്ന ജീവൻ മുക്തി എന്ന് പറയുന്നത് അല്ലാതെ ദൃശ്യത്തെ മാർജനം ചെയ്യുന്ന അതിന് വേണമെങ്കിൽ സമാധി പോകേണ്ടി അത് ഈ പറയുന്ന കാര്യമാണ് അപ്പോ ശരീരധാരണം ചെയ്യുന്നതിൻ്റെതായ ന്യൂനതകളും ഉണ്ടാവും അതാണ് പറഞ്ഞത് രാഗാതി ദോഷങ്ങളും ഉണ്ടാകും ബുദ്ധിയുണ്ടാവും ആത്യന്തികമായ എല്ലാ അസത്യവും അപ്പോൾ അത് ആത്യന്തികമായി അറിയുന്നു എന്ന് പറയുന്നത് എന്താണ് ശരിക്കും അറിയുന്നുണ്ട് തണ്ണിൽ ഇതൊന്നും ഭൂതകാലത്തിലോ വർത്തമാനത്തിലോ ഭാവിയിലോ ഉണ്ടാകത്തില്ല എന്നുള്ള അറിയുന്നുണ്ട് അങ്ങനെ ഒരു അറിവുണ്ട് ആ അറിവിനെ നിഷേധിക്കുന്നില്ല ആ അറിവുണ്ടെങ്കിലും എന്താണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിലും ഇതും അനുഭവമാണ് അവിടെ നമ്മൾ സാധാരണ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അറിവെന്നും അനുഭവം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമല്ല ഒരർത്ഥമാണ് താൻ ബ്രഹ്മമാണെന്ന് പറയുന്നത് എന്താണ് അതറിവാണെങ്കിൽ തന്നിലെ രാഗത്തെയും താൻ അനുഭവിക്കുന്നുണ്ട് വിശപ്പ് അനുഭവിക്കുന്നുണ്ട് അതും അനുഭവം തന്നെയാണ് അവിടെ അറിവ് അനുഭവം രണ്ടില്ല അങ്ങനെ ഒരു സ്ഥിതിയെക്കുറിച്ചാണ് പറയും അതിനാണ് മുക്തി എന്ന് പറയും അങ്ങനെ ഒരു മുക്തി അംഗീകരിക്കുമ്പം എന്താണ് താൻ നിത്യമുക്തനാണെന്നുള്ള ബോധം ആത്മാവും നിത്യ മുക്തമാണെന്നുള്ള ബോധമായിട്ടാണ് അതിനെ സ്വീകരിക്കുന്നത് അല്ല പ്രപഞ്ച അനുഭവമില്ലെന്നോ ഈ പറയുന്ന വിപരീത ബോധമില്ലെന്നോ തനിക്ക് ഒഴിവാക്കാൻ കഴിയാത്തതായ അവശ്യം ഭാവിയായ രാഗാതി ദോഷങ്ങൾ മറ്റ് രാഗാതി ദോഷങ്ങൾ അധാർമ്മികമായ രാഗാതി ദോഷങ്ങളിൽ അയാളില്ലാതെ വരുന്ന എന്തുകൊണ്ടാണ് മുമ്പ് ചെയ്ത സാധനങ്ങളുടെ ഫലമായിട്ട് അയാൾ എന്ത് ചെയ്തു നിഷിദ്ധത്തെ അതുകൊണ്ടാണ് അത് നിഷിദ്ധാചരണത്തിനുള്ള ലൈസൻസ് അല്ല രാഗമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നിഷിദ്ധമായ പ്രവൃത്തികളെല്ലാം ചെയ്യാം അതിനുള്ള ലൈസൻസ് അല്ല ചെയ്തു കഴിഞ്ഞാലും എന്നെ ഒന്നും ബാധിക്കത്തില്ല അസങ്കനാണ് എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ഈ തത്വമായിട്ട് ഒത്തുപോകുന്ന കാര്യങ്ങളല്ല അത് ചിലരുടെ എന്താണ് ദുർവാസനകൾ കൊണ്ട് അങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു ഒന്നും ബാധിക്കത്തില്ല എന്നൊക്കെ പറയുന്നത് എന്താണോ മനുഷ്യനവന്റെ ദുർവാസികളെ ന്യായീകരിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന ഒഴിവ് കഴിവുകൾ അല്ലെങ്കിൽ ന്യായീകരണങ്ങളാണ് അതൊന്നും ഈ സിദ്ധാന്തമായിട്ട് അദ്വൈതമായിട്ട് യോഗിച്ചു പോകുന്ന കാര്യങ്ങൾ അവരുടെ ഇതല്ല ഈ പറയുന്നതായിട്ട് യോജിക്കുന്നത് എങ്ങനെയാണ് ജീവിച്ചു പോകുമ്പോ അതിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത് അവിടെ പക്ഷികാലം പറയുന്നു എന്താണ് ഈ തത്വജ്ഞാനം എന്താണ് സഞ്ചിതമായിരിക്കുന്ന എല്ലാ കർമ്മത്തിനും ഇത് പ്രതിബന്ധമാണ് എന്ന് വെച്ചാൽ അതിനെ ഉയർന്നു വരാൻ പിന്നെ അനുവദിക്കുന്നത് അത് ഉയർന്നു വരിക എന്ന് പറഞ്ഞാൽ എന്താണ് വീണ്ടും ജനിക്കുക ജന്മം അങ്ങനെ അതിനെ അംഗീകരിച്ചുകൊണ്ട് പറയാം പിന്നെ അതിന് യാതൊരു അവകാശമില്ല കാരണം തത്വജ്ഞാനം തന്നെ അതിന് പ്രതിബന്ധമായിരിക്കും അപ്പോ അത് സംഭവിക്കുന്നില്ല പിന്നെ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രാരബ്ധെന്ന് പറയുന്ന അതിന് വിരോധിയാൻ എന്തുകൊണ്ട് വിരോധിയാൻ എന്നും പറയും ഇപ്പം ഞാനും പ്രാരബ്ദത്തിന് വിരോധിയല്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു ഏഷ്യത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വലിയ ഓർമ്മയുണ്ടോ എന്ന് അറിയാനൊക്കെ ചോദിക്കും ഏതുകൊണ്ട് ഭാഷ്യത്തിൽ പറഞ്ഞ ഉത്തരം പറയുന്നു എനിക്ക് നിങ്ങൾക്കും എല്ലാം പറയാം ഒരുപാട് ഉത്തരം കാണാം അത് പ്രാരബ്ധത്തെ ആശ്രയിച്ചുണ്ടാകുന്നു അങ്ങനെ ഒരു തത്വം ഞാൻ ഉണ്ടാകുന്നതിന് ഉണ്ടാകുന്നതും എന്തിനെ ആശ്രയിച്ചു ഈ പ്രാരബ്ധമായി വന്ന ഈ ശരീരം ഈ മനസ്സ് എന്തിനാ ഈ പ്രപഞ്ചം അതിനകത്ത് പെടുന്നതാണ് ഗുരു ഉപദേശം ശാസ്ത്രം എല്ലാത്തിനെ ആശ്രയിച്ചു വന്നത് ഇതിനെയൊക്കെ ആശ്രയിച്ചു തന്നെ അതിൻ്റെയൊക്കെ ഒരു ബൈ പ്രോഡക്റ്റാണ് ഈ തത്വജ്ഞാനം എന്ന് പറയും അതിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല അതിനെ ആശ്രയിച്ചാണ് വന്നത് പിന്നെ അതിനെന്താ സംഭവിക്കണം അത് സ്വയം നശിക്കണം അതിനൊരു കാലാവധിയുണ്ട് ആരബ്ധം അത് ആരബ്ധമായതെല്ലാം നശിക്കണം അപ്പൊ അതും നശിക്കും ഒരു പാത്രം വെച്ചാൽ അത് നശിക്കും അപ്പോൾ അത് നശിക്കുന്നതോടുകൂടി എന്ത് വരുന്നു അവിടെയാണ് ഈ പറയുന്നത് പരാ നിർവ്വാണ നിർവൃത്തി അതുവരെയുള്ളതിന് എന്താണ് ഒരു ശരിയായ മുക്തിയായി ഭാഷികാർ അംഗീകരിക്കുന്നു ഇവർ പറയുന്നത് പോലെ മുക്തി എന്ന് പറഞ്ഞാൽ എന്താണ് അത് ബ്രഹ്മം തന്നെ ആ രീതി അംഗീകരിക്കുന്നു ബ്രഹ്മസ്വരൂപം തന്നെ ബാക്കി അവൻ ജീവിച്ചിരിക്കുന്നു അവൻ കഷ്ടപ്പെടുന്നു ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നു സ്വയം ശീലിക്കുന്നു പലതരത്തിലുള്ള പീഡനങ്ങൾ അവൻ അനുഭവിക്കേണ്ടി വരുന്നു ഭൗതികമായ ക്ലേശങ്ങളെല്ലാം അനുഭവിക്കുന്നു രാഗാദികൾ കൊണ്ട് വരുന്നു അപ്പൊ പിന്നെ എങ്ങനെ മുക്തി എന്ന് പറയാൻ പറ്റും പൂർണ്ണമായൊരർത്ഥത്തിൽ മുക്തിയല്ല തത്വത്തിന്റെ അടിസ്ഥാനത്തിലും തത്വജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലും അത് മുക്തിയാണ് എന്നാൽ വ്യവഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ അത് മുക്തി അല്ല അതുകൊണ്ടാണ് ഭക്ഷ്യകാലം പറയുന്ന ജീവൻ മുക്തി ഇവർ പറയുന്ന ജീവൻ മുക്തി പോലെ അല്ല ഇവർ പറയുന്ന ജീവൻ മുക്തി എന്ന് പറയുന്നത് അർത്ഥപോത്താണ് എന്തുകൊണ്ട് സമാധി എന്ന് പറയുന്ന ഒന്നിനെ അവർ അംഗീകരിക്കുന്നു അവിടെ ദൃശ്യ മാർജനം അവിടെ ദൃശ്യമില്ല ദൃശ്യാനുഭവമില്ല ദൃശ്യാനുഭവമില്ലെങ്കിൽ എന്താണ് ആ സമാധിയിലിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ കാലമെങ്കിലും ആ സമയത്തെങ്കിലും അവന് ദൃശ്യാനുഭവില്ല ദുഃഖമില്ല ക്ലേശങ്ങളില്ല രാഗമില്ല ഒന്നുമില്ല അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ ദൃശ്യമാർജനം സംഭവിച്ചിരിക്കുന്നു കർമ്മത്തെ രണ്ടു കൂട്ടരും നിഷേധിക്കുന്നുണ്ട് കാരണം ഒരു സമാധിയിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെയാൾ തിരിച്ചു വന്നിട്ട് സമാധിക്ക് ഭംഗത്തെ ഉണ്ടാകുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുക്കുക അത് ശരിയാവില്ലെന്നാണ് അവരും പറയും സമാധിയുടെ ദൃഢതയനുസരിച്ച് പിന്നാലും സമാധിയിലേക്ക് തന്നെ തിരിച്ചു പോവും അങ്ങനെ കർമ്മത്തെ നിഷേധിക്കും ഭക്ഷ്യകാരനും പറയുന്നത് എന്താണ് അങ്ങനെ ഒരു തത്വജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കർമ്മവും വേണ്ട പക്ഷേ അത് ഭക്ഷ്യകാരനാണ് ആ കർമ്മത്തെ നിഷേധിച്ചത് എന്തടിസ്ഥാനത്തിലാണ് അന്നത്തെ ആ കാലത്ത് നനുസരിച്ചാണ് പറഞ്ഞത് അതായത് ശ്രൗത സ്മാർത്ത കർമ്മങ്ങൾ അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷ കാരണം അതിനോടൊരു വലിയ വിരോധമായത് ഇതുപേക്ഷിക്കണം എന്നുള്ളത് തപ്പും ഞാൻ ഉണ്ടായിരുന്നെങ്കിലും മോക്ഷമാണെങ്കിലും ഉപേക്ഷിക്കണം നമ്മൾ വിവിധ സന്യാസം കാലത്തിന് മാത്രം മനുഷ്യൻ വൈദിക ധർമ്മ ആചരണത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലത്ത് വൈദികന്മാർക്ക് വേണ്ടി മാത്രം പറഞ്ഞ ഒരു കാര്യമായിട്ട് അതിനെ എടുക്കാൻ പറ്റും അപ്പോ അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തെ നോക്കുകയാണെങ്കിലോ എന്താണ് എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു തത്വജ്ഞാനമുണ്ട് അയാൾ കർമ്മം ചെയ്യരുതെന്ന് പറയുന്നതിന് യാതൊരു അർത്ഥമില്ല അത് പരമാബദ്ധമാണ് ഇന്നത്തെ കാലഘട്ടം അവിടെയാണ് ഞാനെപ്പോഴും പറയാറുള്ളത് ഈ ഭാഷകാരനൊരു ദീർഘദർശിയല്ല അത് നിങ്ങൾക്ക് പിടിക്കാത്ത കാര്യമാണ് ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഞങ്ങളുടെ പിടിപ്പ് കേടുന്നതുടരും അതൊരു അബദ്ധമാണ് കാലം മാറി കാരണം ഇന്ന് മനുഷ്യൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അതിൻ്റെ സ്വഭാവങ്ങളകമാണ് പഴയകാലത്ത് ഈ മനുഷ്യൻ പ്രവർത്തിക്കുന്നത് അവനെന്തെങ്കിലും പരോപകാരമായ പ്രവൃത്തി ചെയ്താലും വാവി കൂപ തടാകാദികൾ ഉണ്ടാക്കി വച്ചാലും ശരി ഗ്രഹസ്ഥന്റെ പരോപകാര പ്രവൃത്തിയായിട്ട് അന്നും പറയുന്നുണ്ട് ഇഷ്ടപൂർത്ത കർമ്മങ്ങളാണ് ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ചെയ്യുന്നത് അതും പരലോഭത്തിന് വേണ്ടിയിട്ടാണ് മനസ്സിലായോ എല്ലാ കർമ്മങ്ങളും പറയുന്ന എന്താണ് പരലോകത്തിന് വേണ്ടിയിട്ടായി കർമ്മങ്ങളെല്ലാം ചെയ്യും അപ്പൊ ആർത്ഥത്തിൽ എല്ലാത്തിനെയും നിഷേധിച്ച് ശരിയാണ് പക്ഷികൾ പരലോകത്തിന് വേണ്ടി നിങ്ങളൊന്നും ചെയ്യേണ്ടതല്ല ഏത് കർമ്മവും പരലോകത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നേരിട്ടുത്തരം പറയുക എത്ര കാലം കൊണ്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും ജന്മം സംഭവിക്കും മുക്തി എന്ന് പറയുന്നത് എന്താണോ ജന്മ നിരാകരണമാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഏത് കർമ്മം ചെയ്യുമ്പോഴും അവൻ്റെ ഉള്ളിൽ എന്താണ് പരലോകപ്രാപ്തിയാണ് അപ്പോ എന്താണ് അത്തരം കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കുക പിന്നെ മുക്തി ആഗ്രഹിക്കുന്നവനാണെങ്കിലോ അവൻ കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഉത്തരം വരട്ടെ പേടിച്ചു ഇരിക്കരുത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും ധൈര്യമുണ്ടെങ്കിൽ ചിത്തശുദ്ധിക്ക് വേണ്ടി സിമ്പിൾ അല്ലേ മുക്തി ആഗ്രഹിക്കുന്ന കർമ്മം ചെയ്യുന്ന എന്തിനു വേണ്ടി ചിത്തശുദ്ധിക്ക് വേണ്ടി അവിടെ ഭാഷകാരന്റെ വ്യക്തി എന്താണ് നിങ്ങൾ ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്തു ചിത്തശുദ്ധി നേടി പിന്നെന്താണ് പിന്നെന്താണ് പിന്നെ കർമ്മത്തിന്റെ ആവശ്യമില്ല എന്തിനു വേണ്ടിയിട്ടാണോ കർമ്മം ചെയ്തത് അത് നേടി അവിടെ കർമ്മത്തിന്റെ ആവശ്യം ഇല്ല അപ്പോഴും കർമ്മം ഉപേക്ഷിക്കും ഭാഷിക്കാരന്റെ യുക്തി അനുസരിച്ച് ഏത് രീതിയിലെ കർമ്മ ഉപേക്ഷിയേ പറ്റും പരോപകാര പ്രവൃത്തികൾ പരലോകത്തിന് വേണ്ടി ആണ് ചെയ്യുന്നത് കാരണം അന്ന് കർമ്മം ചെയ്യുന്നതൊക്കെ എന്തനുസരിച്ചിട്ടാണ് ശാസ്ത്രവിധി അനുസരിച്ചിട്ടാണ് കർമ്മം ചെയ്യുന്നത് ശാസ്ത്രം എടുത്ത് നോക്കിയിട്ടാണ് കർമ്മം ചെയ്യുന്നത് പരോപകാര പ്രവൃത്തി പോലും പരലോകത്തിന് വേണ്ടിയാണ് ആ ഭാഗപേക്ഷിക്കുന്നത് മുക്തിക്ക് വേണ്ടി ഒരാൾ കർമ്മം ചെയ്യണമെങ്കിൽ ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ് അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ കർമ്മത്തിൻ്റെ ആവശ്യമാണ് അപ്പൊ ഉണ്ടായി കഴിഞ്ഞാൽ കർമ്മം ഉപേക്ഷിച്ച് തന്നെ തീരുന്ന കർമ്മത്തെ നിലനിർത്താൻ ഭാഷയകാരൻ യാതൊരു യുക്തിയും ഭാഷകാരൻ കാണുന്നില്ല ശരിയാണോ കർമ്മത്തെ നിലനിർത്തുന്ന ഒരു യുക്തി ഭാഷികാരന് കാണാനേ പറ്റില്ല പക്ഷെ ഇന്നങ്ങനെയാണോ ഇന്നങ്ങനെയല്ല ഇന്ന് എന്താ സംഭവിച്ചത് ഇന്ന് മനുഷ്യൻ എന്താ സംഭവിച്ചത് മനുഷ്യന്റെ സാമൂഹ്യ ബോധം എന്ന് പറയുന്ന മാറി അന്നത്തെ സാമൂഹ്യ ബോധമാണ് അതാണ് കാര്യമായ മാറ്റം വന്നത് അത് അന്ന് ഇവർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു അന്നത്തെ സാമൂഹ്യ ബോധം വേറെ അങ്ങനെ സാമൂഹ്യബോധം ഇന്ന് ഒരുപാട് സോഷ്യൽ സയൻസിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്ന കാര്യമാണ് സാമൂഹ്യ ബോധം ഇന്ന് മനുഷ്യൻ ഒരുപാട് ചിന്തിക്കുന്ന കാര്യമാണ് പരിസ്ഥിതി അല്ല ഇന്നത്തെ സാമൂഹ്യ ബോധം എന്ന് പറയുമ്പോൾ എന്താണ് പൊതുവെ മനുഷ്യൻ ചിന്തിക്കുന്നത് മനുഷ്യനെ ഒന്നായി കണ്ടുകൊണ്ടാണ് അത് കേവലം വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ചിന്തയല്ല നിജത്താൻ തൻ്റെ ചിത്തശുദ്ധി തൻ്റെ മുക്തി ഇങ്ങനെയല്ല മനുഷ്യൻ ചിന്തിക്കുന്നത് അത് മനുഷ്യ സമൂഹത്തെ ഒന്നായി കണ്ടുകൊണ്ട് ചിന്തിക്കുമ്പോൾ അവൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പരിലോകപ്രാപ്തിക്ക് വേണ്ടിയിട്ടോ ചിത്തശുദ്ധിക്കോ വേണ്ടി മാത്രമല്ല വിനയോ വിനയത്തിന് വേണ്ടിയിട്ടാണ് സമൂഹത്തിനൂടെ വേണ്ടിയിട്ടാണ് മനുഷ്യന്റെ പ്രവൃത്തി അങ്ങനെ ആയിരിക്കണമെന്നാണ് അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല പക്ഷേ അതാണ് ഇന്നത്തെ സാമൂഹ്യബോധം മനുഷ്യൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് സമൂഹത്തിനും കൂടി വേണ്ടിയായിരിക്കും സമൂഹത്തിനു കൂടി വേണ്ടിയുള്ള പ്രവൃത്തികളായിരിക്കും അപ്പോൾ അവന് എന്താണ് അവൻ്റെ മുമ്പിൽ സമൂഹമുള്ളിടത്തോളം കാലം അവൻ പ്രവർത്തിക്കണം സമൂഹത്തിന് വേണ്ടി കൂടി അവൻ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ കാഴ്ചപ്പാട് അത് ആത്മീയമില്ലാതെ കേവല ഭൗതികമായാലും ശരി ആത്മീയമായാലും ശരി ഇതിനെ നിഷേധിക്കാനുള്ള യുക്തികളൊന്നുമില്ല താൻ തനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അത് സമൂഹത്തിന് വേണ്ടിയായിരിക്കണം എന്നൊരു കാഴ്ചപ്പാട് അപ്പോൾ ഇങ്ങനെ ഒരു സാമൂഹ്യ അവബോധം കണ്ടില്ലാതെ ഇരുന്നുകൊണ്ടാണ് ഒന്ന് കർമ്മങ്ങൾ നിഷേധിച്ചത് ഇന്നത്തെ മനുഷ്യൻ്റെ സാമൂഹ്യ അവബോധം മാറിയതുകൊണ്ടാണ് ഇന്നത്തെ നിലയിൽ നിന്നുകൊണ്ട് നമുക്ക് കർമ്മത്തെ നിഷേധിക്കാൻ വയ്യാത്തത് അവിടെ എന്ത് തത്വചിന്തയായാലും ശരി അതുകൊണ്ട് നമുക്കിന്ന് കർമ്മത്തെ നിഷേധിക്കാൻ പാടില്ല കാരണം നമ്മുടെ മനുഷ്യ മനുഷ്യ സമൂഹത്തിൻ്റെ ചിന്താഗതി മാറി അതാണ് ലോകം മാറുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നു അതുകൊണ്ടാണ് ഇന്ന് കർമ്മം മനുഷ്യൻ ചെയ്യുന്നത് അല്ല ഇന്ന എന്നോട് ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു അങ്ങനെയുണ്ട് അതൊക്കെ മൂഢന്മാരെ അങ്ങനെ ചെയ്യിക്കേണ്ടി വരുന്നത് മൂഢന്മാർക്ക് എന്താണ് ഉടന്മാരെ പറഞ്ഞാൽ എന്താണ് സുബോധമേയില്ല അവർക്ക് സുബോധമേയില്ല ചിന്തിച്ചൊരു കാര്യവും തീരുമാനമെടുക്കാൻ കഴിയില്ല അവരെ കൊണ്ട് എന്ത് മറ്റുള്ളവർ പറഞ്ഞു ചെയ്യും ഇങ്ങനെ നീ എൻ്റെ അത് ചെയ്ത് പറഞ്ഞാൽ ചെയ്യും പറഞ്ഞില്ലെങ്കിൽ അവർ ചെയ്യത്തില്ല മൃഗത്തിൽ നിന്ന് കാര്യമായ ഡെവലപ്മെന്റ് ഒന്നും ബുദ്ധിക്ക് വന്നില്ല അങ്ങനെയുള്ളവരാണ് പറഞ്ഞാൽ ചെയ്യും പറഞ്ഞില്ലെങ്കിൽ ചെയ്യത്തി ആധുനിക മനുഷ്യൻ എങ്ങനെയല്ല അവനെന്താണ് അവന് സ്വബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയും അപ്പൊ അവന്റെ സാമൂഹ്യാവബോധം മാറി അപ്പൊ ഇന്ന് കർമ്മത്യാഗത്തിനുള്ള യാതൊരു യുക്തിയില്ല ഇന്ന് അവൻ കർമ്മം ചെയ്ത് തന്നെ തീർ അതുകൊണ്ടാണ് അതാണ് കർമ്മത്തോടുള്ള മനുഷ്യന്റെ പൊതുവെ ഞാൻ പറയുന്നത് മനുഷ്യന്റെ പൊതുവായ സ്വീപനത്തെ കുറിച്ചാണ് തനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയും കർമ്മം ചെയ്യാം അങ്ങനെ ഒരു മനുഷ്യന് ഒരു തുറന്ന കാഴ്ചപ്പാട് വിശാലമായ കാഴ്ചപ്പാട് എന്താണ് ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായി ഈ പുസ്തകങ്ങളൊക്കെ കഴിഞ്ഞവരുടെ കാലത്തെ എന്താണ് മനുഷ്യന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു വിഭജിക്കുന്ന കാഴ്ചപ്പാടായിരുന്നു മനുഷ്യന് പല തട്ടുകളായി വിഭജിച്ച് നിർത്തിയിട്ട് ഒരു വ്യക്തിയുടെ ക്ഷേമം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ക്ഷേമം അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ പ്രവർത്തിച്ചത് അപ്പൊ ഒരു വ്യക്തിയുടെ ക്ഷേമമായിരിക്കും അല്ലെങ്കിൽ ആ വ്യക്തി ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പിൻ്റെ ക്ഷേമം എവിടെ നോക്കിയാലും നിങ്ങൾ ഏത് പുരാണവും ഇതിഹാസവും വിചാസരങ്ങളും എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ഇതാ പറയുന്നത് ഈ വിഭജിക്കപ്പെടുന്നതിൽ വിഭജിക്കപ്പെട്ട മനുഷ്യനെക്കുറിച്ച് ചിന്തയില്ലാതെയാണ് ഇവർ ഇത്തരം കാര്യങ്ങൾ അവിടെ സാമൂഹ്യ ബോധം എന്ന് പറയുന്നത് വളരെ അപരിഷ്കൃതമായ സാമൂഹ്യ ബോധമാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ഇന്ന് ചോദ്യം ചെയ്യപ്പെടേണ്ടതും തിരുത്തേണ്ടതുമാണെന്ന് പറയാം എന്ന് പറയുന്നതാണ് ചോദ്യം നമ്മൾ വസൈവ കുടുംബകം ഉടനെ പറയും മുദ്രാവാക്യം നോകാ സമസ്ത സുഖനോ ഭഗന്തോ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ ഇതൊക്കെ ഇന്ന് കണ്ടുപിടിച്ചതാണ് ഇതൊക്കെ ഉണ്ടായിരുന്നു വസദൈവ കുടുംബം എന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ കുടുംബത്തിൽ എല്ലാവർക്കും ഒരേ സ്ഥാനമല്ല അവിടെയാണ് പ്രശ്നം മനസ്സിലായോ കേൾക്കുന്നില്ല കുറച്ചുകൂടെ ഒന്ന് അതുകൊണ്ടെന്താ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് മനുഷ്യ സമൂഹത്തിന് വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നന്മകളെ കുറിച്ചാണ് പണ്ടില്ലാതിരുന്നതും ഇന്ന് വന്ന മാറ്റത്തെക്കുറിച്ചാണ് അതിനർത്ഥം ഇന്ന് പോരായ്മകളില്ലെന്നുള്ളതല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറയുന്നത് എന്താണ് അന്നത്തെ കാലത്ത് നിന്ന് മനുഷ്യ സമൂഹം പരിണമിച്ച് എങ്ങനെ അവൻ്റെ സാമൂഹ്യ ബോധത്തിൽ മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ് ആ സാമൂഹ്യ ബോധങ്ങളെ തിരിച്ചറിയാത്തവരാണ് നിങ്ങളെപ്പോലെയുള്ളവർ നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നു ആ സാമൂഹ്യ ബോധത്തെ ഉൾക്കൊള്ളുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അതാണ് പറയുന്നതിൻ്റെ വ്യത്യാസം അത് ഉൾക്കൊള്ളാത്തവരും മനസ്സിലാക്കാത്തവരും അവരാണ് ഇന്നും വസുയോ കുടുംബമോ എന്നും പറഞ്ഞിരിക്കുന്ന അവരാണ് അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നു അതാണ് ഞാൻ വിശദീകരിക്കുന്നത് അങ്ങനെ പറഞ്ഞ പോലെ ആ കുടുംബത്തിൽ ഓരോരുത്തരുടെ ഈ സ്ഥാനം എന്താണ് എല്ലാവർക്കും തുല്യ സ്ഥാനമാണോ എന്നുകൂടെ നോക്കണം ഇതാണ് നമുക്ക് യജമാനന്മാരായിരിക്കണമെങ്കിൽ അടിമകൾ ആവശ്യമാണെന്ന് ചിന്തിക്കുന്ന ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അവിടെ യജമാനനും അടിമയും ചേർന്നതാണ് കുടുംബം ആ കുടുംബത്തെക്കുറിച്ചല്ല ഇന്ന് മനുഷ്യൻ ഇന്നത്തെ ആധുനിക മനുഷ്യൻ ചിന്തിക്കുന്നു പക്ഷേ പരിണാമം സംഭവിക്കാത്തവർ ഇന്നും ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ സംസാരിക്കുന്ന മാറ്റത്തെക്കുറിച്ചാണ് മാറ്റമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചല്ല മനുഷ്യരെല്ലാവർക്കും അങ്ങനെ ബോധമുണ്ടായിരുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ബോധമില്ലാത്തവരുണ്ട് കേവലം മുദ്രാവാക്യങ്ങൾ കൊണ്ട് കാര്യമില്ല മനുഷ്യന്റെ മനസ്സിൽ എന്തുമാത്രം പരിവർത്തനങ്ങൾ വന്നു വരുന്നു എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ടത് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ഇന്ന് കർമ്മത്യാഗത്തിന് യാതൊരു അർത്ഥമില്ല അതിന് യാതൊരു കൺഫ്യൂഷനും ആർക്കും ആവശ്യമില്ല ബ്രഹ്മജ്ഞാനം കർമ്മത്യാഗം ഇരണ്ടന് മൂലം യാതൊരു ബന്ധമില്ല പിന്നെ പഴയ ചില പൂർവാചാരങ്ങളെ അന്ധമായി അനുകരിച്ചുകൊണ്ട് നമ്മൾ ചില ഗോഷ്ഠികൾ കാണിക്കുന്നേ ഉള്ളൂ അതൊക്കെ അർത്ഥശൂന്യമാണ് എന്താണ് മനുഷ്യൻ അവന് കർമ്മം ചെയ്യുന്നു അവൻ സമൂഹത്തിന് വേണ്ടിയും കർമ്മം ചെയ്യുന്നു നമ്മുടെ കർമ്മത്യാഗം എന്ന് പറയുന്ന ഒരു പരിസരമേ ഒരിക്കുന്നു അത്രയൊരു ഒരു എന്താണ് പുതിയ സാമൂഹ്യ അവബോധത്തിൽ നിന്ന് ചിന്തിച്ചു വരുക പിന്നെ മനുഷ്യന് അങ്ങനെ എന്താണ് തുറന്ന് ചിന്തിക്കുന്നതിനും മനുഷ്യന് മാറുന്നതിനും ഇവിടെ ഒരുപാട് വൈതരണ്യികളുണ്ട് തടസ്സങ്ങളുണ്ട് അതെന്താണ് എന്താണ് ആ തടസ്സങ്ങൾ തൻ്റെ പൂർവ് കാലത്തോളുടെ അന്ധമായ കട കടപ്പാട് പൂർവികതയുടെ ഉള്ള അന്തസാരശൂന്യമായ ഒരു കടപ്പാട് അതാണ് അവനെ തുറന്ന് ചിന്തിക്കുന്നതിന് തടസ്സമായിരിക്കും അത് മതമാകാം ചിലപ്പം മതത്തിന് പകരം ചിലർ സംസ്കാരം ഒന്ന് വിളിക്കും രണ്ടും മൂല്യ വ്യത്യാസമൊന്നും അതൊരു അന്ധമായ കടപ്പാടുണ്ടാക്കുകയാണെങ്കിൽ അതവന്റെ ബുദ്ധിവികാസത്തിനും എല്ലാം തടസ്സമായി തന്നെ അപ്പൊ അവിടെ അവന് യാഥാർത്ഥ്യ ബോധമില്ലാത്തവനായിരിക്കും അതുകൊണ്ട് ഇവിടെ ഞാനിപ്പോൾ പറയാതെ ചെയ്താണ് പ്രധാനമായിട്ടും എന്താണ് ഈ കർമ്മത്യാഗം എന്ന് പറയുന്നതിന് ഒരർത്ഥമേ ഉള്ളൂ എന്താണ് നിഷിദ്ധമായ ഉപേക്ഷിക്കുക ആരായാലും അരുതാത്തത് ചെയ്യാതിരിക്കുക അത് പറയാം അങ്ങനെ ഒരു കർമ്മത്യാഗം ഏത് കാലത്തു നിന്നാണ് അരുതാക്കും ചെയ്യരുത് അല്ല ചെയ്യേണ്ടത് ചെയ്യരുത് എന്നൊരു കർമ്മത്യാഗം ഇതിൽ അർത്ഥമില്ല അപ്പോൾ അത് ചെയ്യ ചെയ്യേണ്ടതും ചെയ്ത് തന്നെ തീർന്നു അതാണ് ഭാഷക്കാരൻ്റെ കാലവും ഇന്നത്തെ കാലവും തമ്മിലുള്ള വ്യത്യാസം ഭക്ഷ്യക്കാരൻ്റെ ആശയവും ഇന്നത്തെ ചുറ്റുപാടുകളും നമ്മളിൽ അപ്പൊ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ നമുക്ക് യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പമില്ലാതെ തന്നെ ചെയ്യാം പ്രവർത്തിക്കാം പ്രവൃത്തി ശരിയായിരിക്കുന്നു എന്നേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ പ്രവൃത്തിയെ ശരിയാക്കാൻ ശ്രമിക്കുക അതേയുള്ളൂ പ്രവൃത്തിയിൽ നമുക്ക് ദോഷങ്ങളും സംഭവിക്കും അത് പരിഹരിച്ച് മുമ്പോട്ട് പോവുക അത്രയുള്ളൂ അനുസ്യൂതമായ പ്രവാഹത്തിൽ മനുഷ്യൻ എപ്പോഴാണോ ഈ വിമർശനം എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നിനെ ശരിയായ രീതി ചിന്തിക്കുക എന്നുള്ളതാണ് അപ്പൊ അനുസ്യൂതമായ നമ്മുടെ ഈ പരിവർത്തനത്തിൽ മനുഷ്യനെപ്പോഴാണോ വിമർശിക്കാൻ തുടങ്ങിയത് എപ്പോഴാണോ അവന് മാറ്റം വരാൻ തുടങ്ങിയത് ആ മാറ്റം എന്ന് പറയുന്നത് അവസാനമില്ലാതെ തുറന്നുകൊണ്ടേയിരിക്കും അവന്റെ ഭാവി നോക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല നാളെ എങ്ങനെയായിരിക്കും അത് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് നമ്മളെ തന്നെ ഭൂതകാലത്തെ ബന്ധിക്കാനും പറ്റത്തില്ല അപ്പോ വിമർശനം എപ്പോഴും ആവശ്യമാണ് എന്നാലും മാറ്റങ്ങൾ സംഭവിക്കത്തൂ നമ്മുടെ ഈ മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു നൂറ് വർഷത്തിന് മുമ്പുള്ള നമ്മുടെ വളരെ പ്രാകൃതമായ അവസ്ഥകളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഈ മാറ്റം വന്നു കുറച്ചുപേര് വിമർശനാത്മകമായി ചിന്തിച്ചുകൊണ്ടാണ് തെറ്റും ശരിയും ഏതാണെന്ന് അവർ വിമർശനാത്മകമായി ചിന്തിച്ച് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് ഈ നൂറ് വർഷം കൊണ്ട് നമുക്ക് മാറ്റമുണ്ടായത് മനുഷ്യന് അപ്പോ വിമർശനം എപ്പോഴും ആവശ്യമാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന ആത്മവിമർശനം ആധ്യാത്മികമായ സാധനയിലെ ഏറ്റവും വലിയ സാധനമാണ് ആത്മവിമർശനം എന്ന് പറയാം വിമർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമുക്കിന്ന് പരിചയമുള്ള രാഷ്ട്രീയ വിമർശനങ്ങളും മറ്റുമൊക്കെയാണ് എന്ന് വെച്ചാൽ ദോഷങ്ങൾ ആരോപിക്കുക വെറുതെ ആൾക്കാർ കുറ്റം പറയുക അതൊന്നുമല്ല വിമർശനം ആ വിമർശനം നമുക്ക് അറിയാൻ വിമർശനം എന്ന് പറയുന്നത് ശരിയായ വിശകലനമാണ് ശരി ഏത് തെറ്റായത് നല്ലതേത് ചീത്ത ഏത് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട അങ്ങനെയുള്ള വിമർശനം മനുഷ്യൻ നിരന്തരം നടത്തിക്കൊണ്ടേയിരിക്കണം എന്നാലും മനുഷ്യന് മാറ്റങ്ങൾ വരും വരും നമ്മളും അതറി നമ്മൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്വയം വിമർശനം നടത്താറില്ല പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ വിമർശനത്തിന് വിധി വിധിയിലായി നമ്മൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ് ആ മാറ്റം നമ്മളറിയുന്നില്ല അതാണ് നമ്മളുടെ സമൂഹം സമൂഹം നമ്മൾ നയിക്കുന്ന വഴിയെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് വേണ്ടി വിമർശനം നടത്തുന്നത് സമൂഹമാണ് അല്ലേ നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ നമ്മൾ നോക്കുക നമ്മൾ ചിന്തിച്ചിട്ടാണ് മാറ്റങ്ങൾ നല്ല സമൂഹം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറും നിങ്ങളെല്ലാവരും ആശുപത്രി കെട്ടാനും സ്കൂൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണോ ആധ്യാത്മികമായി തിരിഞ്ഞത് ആണോ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ അത് വന്നതെങ്ങനെ വന്നു നമ്മൾ ചിന്തിച്ചിറങ്ങിയല്ല ഒട്ടുമിക്കാറും പേര് പക്ഷേ സമൂഹം അങ്ങനെ ഒരു മാറ്റം ആവശ്യപ്പെടുന്നു അപ്പം നമ്മളതിൽ നമ്മളും അതിൻ്റെ ഒരു ഭാഗമായി മാറുന്നു നമ്മൾ ചിന്തിക്കുന്നില്ല മറ്റുള്ളവർ ചിന്തിക്കുന്നു നമ്മൾ പ്രവർത്തിക്കുന്നു അതിനനുസരിച്ച് നമ്മൾ ഒഴുക്കിനനുസരിച്ച് നീന്തുന്നു എന്നാണ് പറയുന്നു എന്നാണ് ഞാനും പറയുന്നത് സമൂഹം അത് ആവശ്യപ്പെടുന്നു സമൂഹം നിങ്ങളോട് ആവശ്യപ്പെടുന്ന എന്താണ് നിങ്ങളിങ്ങനെയൊന്നും ജീവിക്കുന്നതുകൊണ്ട് സമൂഹത്തിന് യാതൊരു പ്രയോജനവും ഇല്ലാത്തവരാണെന്ന് നിങ്ങളുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നു നമുക്കും തോന്നുന്നു എന്നാൽ നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം അപ്പൊ നമ്മളതിൻ്റെ ഭാഗമായിട്ടിരുന്നു ഇത്രയൊക്കെ ചിന്തിച്ച് ചെയ്യാനുള്ള ബുദ്ധി നമുക്കില്ല അതാ സംഭവിക്കുന്നു എല്ലാ കാലത്തും അങ്ങനെയാണ് പക്ഷേ എല്ലാ ആൾക്കാരും അങ്ങനെയല്ല ആ വ്യത്യാസമാണ് ഞാൻ പറയുന്നു എല്ലാ കാലത്തും നമ്മളെ പോലെയുള്ളവർ കാണും അങ്ങനെ അല്ലാത്തവരും കാണും ചിന്തിക്കുന്നവരും കാണും ഞാൻ പറയുന്നത് ഇപ്പോൾ ശങ്കരായ കാലഘട്ടത്തിൽ ഒന്നും ചെയ്യാതിരിക്കുന്നവനാണ് ഏറ്റവും കേമൻ എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹം നിങ്ങൾ അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ പഴി പറയും നിങ്ങളെ പഴിക്കും കൊണ്ട് സമൂഹത്തിന് യാതൊരു ഗുണവുമില്ല ഉപയോഗമില്ലാതെ ജീവിക്കുന്നു ഇവർക്കൊക്കെ ഈ സമൂഹം എന്തിനാ തീറ്റി പോറ്റുന്നത് എന്ന് ചോദിക്കും അപ്പൊ നമ്മുടെ ഉണന്ന് ഉണരും എന്നാൽ പിന്നെ നമുക്കെന്തെങ്കിലും ചെയ്യാം ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു നമ്മളും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു നല്ലതാണെന്ന് ഞാൻ പറയുന്നു അപ്പൊ നമ്മളിൽ ബാഹ്യമായ പ്രേരണകൾ നമ്മളെ സ്വാധീനിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് ഈ ലോകത്ത് മുമ്പോട്ട് നമ്മളും തിരിച്ചറിയുന്നു വേണമെന്ന് ഞാൻ പറയുന്നു പക്ഷെ നമ്മൾ ചിന്തിച്ച് ചെയ്തതെന്ന് പറയുന്ന അർത്ഥമില്ല നമ്മളെ ബാഹ്യപ്രേരണകൾ നമ്മൾ ആ വഴിക്ക് നടത്തുന്നു അതുകൊണ്ടാണ് നമ്മൾ പണ്ട് ചായ കുടിക്കാതിരുന്നിട്ടിപ്പം ചായ കുടിക്കുന്നു പണ്ട് പത്രം പാലിക്കായിരുന്നിട്ടിപ്പം എല്ലാ യൂട്യൂബ് ചാനലുകളും കാണുന്നു ഈ വ്യത്യാസം വന്നു എങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നു നമ്മളിൽ പരിവർത്തനം വരുന്ന നമ്മൾ തന്നെ അറിയില്ല സമൂഹത്തിൽ നിന്നുള്ള വലിയ പ്രഷറുണ്ട് അപ്പോ നമ്മൾ സഞ്ചരിക്കുന്ന നല്ല വഴിക്ക് തന്നെയാണ് ദോഷമൊന്നുമില്ല നമ്മൾ ജീവിക്കുന്നു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഇതാണ് വേണ്ടതെന്ന് ഞാൻ പറയുന്നത് നമ്മളിങ്ങനെ ആ ഒരു സ്ഥാനത്ത് എത്തിപ്പെട്ടെന്നുള്ളത് വേറൊരു കാര്യം ആ പ്രഷർ നമുക്കുണ്ട് എന്തുകൊണ്ട് സമൂഹം മാറുന്നു നമ്മൾ മാറിയിരിക്കും ചുരുക്കത്തിൽ എന്താണ് സമൂഹം മാറിയപ്പോ സന്യാസവും മാറി സമൂഹം മാറുന്നതനുസരിച്ച് അതാണ് ആ മാറ്റം അപ്പോ എന്താണ് ലോകം ആധുനികവൽക്കരിക്കുമ്പോ എല്ലാവരും മാറി ചിന്തിക്കുന്നു നമ്മൾ മാറി ചിന്തിക്കാൻ ബാധ്യസ്ഥരായി തീരും മാറി ജീവിക്കാൻ നമ്മളും ബാധ്യസ്ഥരായി എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക സമൂഹത്തിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് ഈ കാലത്തിൻ്റെ ഒരാവശ്യമാണ് ആധ്യാത്മിക ജീവിതമായാലും സന്യാസമായ ആയാലും അങ്ങനെ ജീവിക്കാൻ പറ്റൂ എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെയല്ല ജീവിക്കാൻ പറ്റത്തില്ല കാലം മാറുന്നു അപ്പൊ ഈ പറഞ്ഞ ആ ഒരു ഭാഗം എന്താണ് കർമ്മത്യാഗം എന്ന് പറയുന്നതിന് യാതൊരു പ്രസക്തി ഇല്ലെന്നാണ് ഞാൻ പറയുന്നു പറയുന്നതിന് ചുരുക്കം അതാണ് എന്തുകൊണ്ട് മനുഷ്യൻ്റെ സാമൂഹ്യ അവബോധം മാറിക്കൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് നമ്മളും മാറുന്നു ഇതാ പറയുന്നത് അത് എന്താണ് നമുക്ക് ഒരു അവസാന ഒരു ശ്വാസം വലിയ ഉണ്ടല്ലോ വെന്റിലേറ്ററിൽ കിടന്നില്ലെങ്കിൽ ഒരു വലിയുണ്ട് നീട്ടിയ ഒരു വലിയ ആ ഇങ്ങനെ വലിക്ക് ആ വലി വരെ മാറിക്കൊണ്ടിരിക്കണമെന്നുള്ളതാണ് അന്നുവരെ നമ്മൾ അറിഞ്ഞും പഠിച്ചും മാറിയൊണ്ടിരിക്കണം കാരണം അത്രമാത്രം പഠിക്കാനും അറിയാനും ഈ ലോകം നമ്മുടെ മുമ്പിലുണ്ട് അതുവരെ നമ്മൾ മാറിക്കൊണ്ടിരുന്നേ പറ്റും ഇന്നത്തെ നമ്മുടെ ചിന്താഗതി തന്നെ നാളെയായിരിക്കും എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയില്ല മാറിയില്ലെങ്കിൽ അവൻ കെട്ടുപോയി എന്നേ അർത്ഥമാണ് മാറുന്നുണ്ടെങ്കിൽ അവൻ ചലനാത്മകമാണെന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് അവസാനം വരികയും അറിഞ്ഞുകൊണ്ടും എല്ലാം ഒന്നും തീരുന്നില്ല അറിഞ്ഞും മനസ്സിലാക്കിയും പ്രവർത്തിക്കും തന്നെയാണ് മനുഷ്യൻ മുമ്പോട്ട് പോകുന്നത് അവസാന ശ്വാസം വരെ അപ്പോ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ശരിയായ വഴിക്ക് തന്നെയാണ് പോകുന്നതെന്നാണ് ഞാൻ പറയുന്നതിന്റെ ചെറുപ്പം അത് അറിയാതെ എന്ന് പറയുന്ന എന്തുകൊണ്ട് സമൂഹം നമ്മൾ മാറ്റുന്നു അതാണ് അറിഞ്ഞു എന്ന് എന്തുകൊണ്ട് പറയുന്നു നമ്മളും അതിനൊപ്പം സമൂഹത്തിനൊപ്പം അപ്പൊ പഴയ നമ്മുടെ ഒരുപാട് ബന്ധങ്ങൾ നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ടാവും കടപ്പാടുകളെല്ലാം അതാണ് ഈ കർമ്മത്യാഗത്തിൽ നിന്ന് സന്യാസിമാരെല്ലാം കർമ്മരംഗത്തേക്ക് വരുന്നത് ശരിക്കും നിങ്ങൾ സമ്പ്രദായവാദികളാണെങ്കിൽ സംസ്കാരവാദികളാണെങ്കിൽ നിങ്ങൾ കർമ്മം തേച്ച് തന്നെ ജീവിക്കണം നിങ്ങൾക്കതിന് പറ്റുമോ പറ്റത്തില്ല കഴിയത്തില്ല എന്തുകൊണ്ട് സമൂഹം ഇന്ന് അതെല്ലാം ആവശ്യപ്പെടുത്തി അതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ഇത്രയൊന്നും ചിന്തിച്ചില്ലല്ലോ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞാനും അത് തന്നെ പറയുന്നു ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷം തോന്നരുത് നമ്മൾ ചിന്തിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം ശരിയാണ് പക്ഷെ നമ്മൾ പ്രവർത്തിക്കുന്നത് ഉണ്ടെങ്കിൽ ഓക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നല്ലത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ പുരോഗമിക്കുന്നു യാതൊരു സംശയവും ഞാൻ പിന്നെ ചിന്തിക്കുന്നില്ല എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾ ഉണ്ടാതിരിക്കും അതുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് ധരിച്ചു പോകുന്നത് നിങ്ങൾ ചിന്തിക്ക എങ്ങനെ സംഘർഷം എങ്ങനെ ഉണ്ടാകുന്നത് ചോദ്യം ചോദിക്കുന്നതിന് മറുപടി പറയുന്നത് ഒരിക്കലും സംഘർഷമാകത്തില്ല ചോദ്യം ചോദിക്കുന്നതിന് മറുപടി പറയുന്നതിന് സംഘർഷം മാത്രമല്ല സംഘർഷം വരുന്നത് എപ്പോഴാണ് നിങ്ങൾ എന്നെ ആക്രമിക്കാൻ വരുമ്പോഴാണ് എന്നാൽ സംഘർഷം നടക്കും അല്ലാത്തടത്തോളം കാരണം ഒരുക്കരുത് സംഘർഷം നടക്കത്തി ഞാൻ ചോദിക്കുന്നങ്ങൾ മറുപടി പറയുന്നു നിങ്ങളുടെ കർത്തവ്യം കൂടെയാണോ നിങ്ങളെന്തോ വരുന്നത് കേൾക്കുമ്പോൾ എന്താണ് ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാനുള്ള ഒരു ബാധ്യത അപ്പം അത് ഭയന്നിട്ടാണ് പലരും മുറിക്കാതിരുന്ന് ഓൺലൈനായി കേൾക്കുന്നു അപ്പോൾ മറുപടി പറയാൻ ബാധ്യതയില്ലല്ലോ അങ്ങനെ കുഴപ്പമില്ല അത് ഒളിച്ചിരിക്കുന്ന ഭീരുക്കളുടെ സ്വഭാവമാണ് അവരങ്ങനെ ഇരുന്നോട്ടെ എന്നാലും അവർക്ക് ബോധം ഉണ്ടാകുമല്ലോ അത് നല്ലത് അപ്പോൾ ധൈര്യമായിട്ട് ഇവിടെ വന്നിരിക്കണം കഴിയുമെങ്കിൽ ചോദിച്ചാൽ മറുപടി പറയണം അബദ്ധമെങ്കിലും പറയണം എന്നാലും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിർവൃതിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ കർമ്മത്തിൻ്റെ കാര്യം വന്നത് ഇപ്പൊ ഭാഷ്യകാരന്റെ കാഴ്ചപ്പാട്ടിൽ വരുന്ന ഒരേ ഒരു വ്യത്യാസതയുള്ളൂ കർമ്മം വേണ്ട എന്നുള്ളൊരു നിലപാട് ബാക്കിയെല്ലാം അദ്വൈതത്തെ സംബന്ധിച്ചത് പരിപൂർണമാണ് എന്ന് പറയാം കർമ്മത്തിൽ എന്തുകൊണ്ടങ്ങനെ ഒരു നിലപാട് വന്നു അത് കാലത്തിൻ്റെ മാറ്റം എന്നെ പറയാൻ പറ്റും പണ്ടി ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് ദുഖത്തിൽ ദൃശ്യമാർജനം എന്ന് പറയുന്നത് ഭാഷകാരന് സമ്മതമായൊരു കാര്യമല്ല എന്നാൽ വാസിഷ്ടത്തിൻ്റെ പദ്ധതി അതാണ് അത് സമാധിയുമായി ബന്ധപ്പെട്ടതാണ് ഇതും അദ്വീത തോന്നി പറയുന്നത് ഭാഷകാരൻ പറഞ്ഞു അധീയത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തുകൊണ്ട് സ്വീകരിക്കാം നിങ്ങൾക്ക് ദൃശ്യത്തെ മാർജനം ചെയ്യുന്നതിനുള്ള ശേഷിയുള്ളവരാണെങ്കിൽ അത് ദൃശ്യമാർജനം ചെയ്യുക എന്നുവെച്ചാൽ ഈ ദൃശ്യത്തെ എല്ലാം തുടച്ച് മാറ്റുക സമാധിയിലിരിക്കുക അപ്പൊ പിന്നെ ഈ സ്കൂളും ആശുപത്രിയും നടക്കത്തില്ല രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് പറ്റത്തില്ല അപ്പൊ ശരിയായ വിവേകത്തോടുകൂടി ഇന്നത്തെ കാലത്ത് സാധ്യമാകുമെന്നാണ് ഞാൻ പറയുന്നത് ഉള്ളിൽ വിവേകം ഉണ്ടായിരിക്കുക പ്രവൃത്തിയും നടക്കുക അങ്ങനെ ഒരു രീതി ഇന്നും മനുഷ്യന് സ്വീകരിക്കാൻ പറ്റും ഈ കാലം അതാണ് ആവശ്യപ്പെടുക എന്ന് ഞാൻ പറഞ്ഞു ഒരു നിലച്ചെടുക്കാം